അങ്ങനെ അവർ അദ്ദേഹത്തെ കൊണ്ടുപോയി കിണറിന്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹത്തെയിടാൻ അവർ തീരുമാനിച്ചു അപ്പോൾ നാം അദ്ദേഹത്തിന് ദിവ്യസന്ദേശം നൽകി അവർ അറിയാതെ തന്നെ നിങ്ങളുടെ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അവരെ അറിയിക്കുന്നതാണ്